നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും നിങ്ങൾക്കു നൽകിയ കാര്യങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിനായി നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ പദവികളിൽ ഉയർത്തുകയും ചെയ്തത് തീർച്ചയായും നിന്റെ രക്ഷിതാവ് ശിക്ഷ വേഗത്തിലാക്കുന്നവനാണ് എന്നാൽ അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്